നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഫോൺ നയൻ ഫൈവ് ടു സിക്സ് സീറോ ഫോർ സീറോ ത്രീ നയൻ വൺ നവഗ്രഹങ്ങളെന്ന വളരെ വിപുലമായ ഒരു സബ്ജക്റ്റാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ സൂര്യൻ ചന്ദ്രൻ എന്നീ രണ്ട് ആദ്യത്തെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൽ ഇതുവരെ പറഞ്ഞതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സൂര്യനും ചന്ദ്രനും കേവലം നമ്മളീ ആകാശത്ത് കാണുന്ന ഗോളങ്ങൾ മാത്രമല്ല എത്രയോ കാര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് ചൈതന്യങ്ങളാണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹൃദയം സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏറ്റവും പ്രധാന അച്ഛൻ പിതാവ് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കണ്ണ് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കണ്ണ് സൂര്യനെ കൊണ്ട് ചിന്തിക്കാറുണ്ട് കണ്ണ് നമുക്കറിയാം പ്രകാശമാണ് കണ്ണിൻ്റെ കണ്ണ് പ്രകാശമുണ്ടെങ്കിലേ കണ്ണ് പ്രവർത്തിക്കുള്ളൂ ഇപ്പോൾ കണ്ണ് തിളങ്ങുന്നു തിളങ്ങുന്ന കണ്ണുകളാണ് എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടണത് സൂര്യനെ പോലെ പ്രകാശിക്കുന്ന കണ്ണുകളാണ് നമുക്കിഷ്ടം പ്രകാശമാണ് കണ്ണിനെ നിലനിർത്തുന്നതും കണ്ണില് കാഴ്ച തരുന്നതും ഒക്കെ സൂര്യപ്രകാശം കാഴ്ചയുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ കണ്ണുകളെയും സൂര്യനുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാറുണ്ട് അസ്ഥി സൂര്യനുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാറുണ്ട് നമുക്കറിയാം അസ്ഥിക്ക് വേണ്ട പ പല ഡോക്ടർമാരും കുട്ടികളുടെ എല്ലിൻ്റെ പ്രശ്നത്തിന് ഏറ്റവും പ്രധാന കാരണമായിട്ട് ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വെയില് കൊള്ളുന്നതിൻ്റെ കുറവാണെന്നാണ് വെയില് കൊള്ളണത് എൻ്റെ പെങ്ങളുടെ കുട്ടിക്കടക്കം ഡോക്ടർ ഒരു ചികിത്സ പറഞ്ഞത് വെയിൽ നന്നായിട്ട് കൊള്ളാനാണ് പറഞ്ഞത് എല്ലിന് വിലക്കുറവുണ്ട് അപ്പോൾ വെയിൽ നന്നായി കൊള്ളില്ല വെയിൽ നെല്ലും കൊണ്ടിട്ട് ആ വിറ്റാമിൻ ഡിയൊക്കെ ധാരാളം ഉണ്ടാക്കി ആ കാൽസ്യത്തിന് വേണ്ടിയിട്ടുള്ള കാൽസ്യം അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി വെയിൽ നെല്ലും കൊള്ളാനാണ് പറഞ്ഞത് പോക്കു വെയിലേറ്റാൽ പൊന്നാകുമെന്നൊക്കെ നമ്മുടെ പൂർവീകരുടെ പറയണത് ഈ ഒരു ഉദ്ദേശത്തിലാവും തോന്നുന്നു അപ്പം അതുകൊണ്ട് നിരവധി കാര്യങ്ങൾ ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് സൂര്യനുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാറുണ്ട് അതുപോലെ തന്നെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചന്ദ്രനെക്കൊണ്ട് ഏറ്റവും പ്രധാന അമ്മ ചന്ദ്രൻ അമ്മയാണ് മാതാവാണ് നമ്മുടെ മനസ്സ് മനസ്സ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മനസ്സ് രൂപം കൊള്ളുന്നത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് മനസ്സിന് അമ്മയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് ഏറ്റവും അടുത്ത ബന്ധം നമ്മുടെ മനസ്സിന് അമ്മയുമായിട്ടാണ് അപ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ അമ്മ എന്ന സങ്കല്പമാണ് ചന്ദ്രനുള്ളത് അതുകൊണ്ടുതന്നെ ചന്ദ്രനെ മനസ്സുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുന്നു ഒരു ചെറിയ കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി എന്തിനാണ് കരയണത് എന്ന് പെട്ടെന്ന് മനസ്സിലാവണത് അമ്മയ്ക്കാണ് അതിന് കാരണം ആ കുട്ടിയുമായിട്ടുള്ള മാനസികമായിട്ടുള്ള ബന്ധമാണ് അവിടെ ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് വേണ്ട കുട്ടിയിലേക്ക് എന്തെല്ലാം എത്തിയിരുന്നു അതൊക്കെ അമ്മ വഴിയാണ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പൊക്കിൽക്കൊടി വഴിയാണ് കുട്ടിക്ക് വേണ്ട ആഹാരവും വായു എല്ലെത്തിയിരിക്കുന്നത് പൊക്കൽക്കുടി വഴിയാണ് അമ്മയുടെ ചിന്തകളാണ് ആ കുട്ടിയിലേക്ക് എത്തിയിരിക്കുന്നത് ആ ഗർഭപാത്രത്തിൽ അമ്മ ഗർഭപാത്രത്തിൽ കണക്കുന്ന സമയത്ത് അമ്മ എന്തൊക്കെ ചിന്തിക്കണോ പ്രവർത്തിക്കണോ അതൊക്കെ കുട്ടിയെ ബാധിക്കും അതാണ് പറഞ്ഞത് ഗർഭിണി വളരെ ശ്രദ്ധിക്കേണ്ടത് ഗർഭിണികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യകത കഴിഞ്ഞ ദിവസം പറഞ്ഞതൊക്കെ അതാണ് ഈ കുട്ടിയുടെ മനസ്സ് രൂപം കൊള്ളണത് ഗർഭപാതത്തിൽ അപ്പം അതുകൊണ്ടുതന്നെ ഈ ഒരു മാനസിക ബന്ധം അമ്മയും മകനുമായിട്ടുള്ള മാനസിക ബന്ധം അതാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബന്ധം എന്ന് പറയുന്നത് അത്ര വലിയ ബന്ധമാണ് സാക്ഷാൽ ശങ്കരാചാര്യരും പോലും സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും പിഡം വെച്ച് സന്യസിക്കാൻ പോയ ശങ്കരാചാര്യർ പോലും അല്ലെങ്കിൽ ഏത് സന്യാസി സന്യാസി സന്യസിക്കണ സമയത്ത് എല്ലാവർക്കും പിണ്ടം വയ്ക്കും ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും അവസാനം അവനവന് തന്നെയും വീണ്ടും വെച്ച് ഒരു പുതിയ ആളായിട്ട് മാറിയിട്ടാണ് സന്യസിക്കുക അങ്ങനെയുള്ള സന്യാസിയും പോലും സ്വന്തം അമ്മയെ കണ്ടാൽ നമസ്കരിക്കണമെന്നാണ് അതുകൊണ്ട് സാധാരണ അമ്മമാരൊക്കെ ഈ സന്യാസിമാരെ നേരെ മുന്നിൽ പോയിട്ട് നിൽക്കാറില്ല ഇന്ത്യ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്യാസി ശ്രേഷ്ഠനായിട്ടുള്ള ശങ്കരാചാര്യർ പോലും അമ്മയുടെ അവസാന കാലത്ത് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇത്ര ശ്രേഷ്ഠനായിട്ടുള്ളൊരു സന്യാസി വര്യനാണ് ശങ്കരാചാര്യർ അമ്മയെ സന്ദർശിച്ച് മാതൃവഞ്ചകം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത്രയും അമ്മയുടെ മഹത്വത്തിനെ വാഴ്ത്തുന്ന ഇത്രയും പ്രധാനപ്പെട്ട ഒരു കൃതി ലോകത്തിൽ തന്നെ ഉണ്ടോയെന്ന സംശയമാണ് ആ ഒരു ഇത് അമ്മയെ സന്തോഷപ്പെടുത്തി അമ്മയെ സ്വർഗത്തിലെത്തിച്ച് അമ്മയുടെ സംസ്കാരം കൂടി നടത്തിയിട്ടാണ് അദ്ദേഹം പോയത് എന്ന് നമ്മളാലോചിക്കണം അത് ആ ഹൃ മാനസിക ബന്ധമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ പല അമ്മമാരും പറഞ്ഞിട്ടുണ്ട് മക്കൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുന്ന സമയത്ത് മക്കൾ അമ്മയിൽ നിന്നും വളരെ ദൂരത്താണെങ്കിലും ആ മക്കൾക്ക് സംഭവിക്കുന്ന അപകടം ആ സമയത്ത് അമ്മയിൽ നിന്നും അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു ആപത്തിൻ്റെ സൂചന അനുഭവപ്പെടുന്നതായിട്ട് എത്രയോ അമ്മമാർ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ മക്കൾ വിദേശത്തൊക്കെ ആയിരിക്കാം അവിടെ വെച്ച് എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് അതിൻ്റെ ഒരു സൂചന മനസ്സിലൊരാപത് സൂചന ഒരു ഭയം ഒക്കെ വരുന്നുണ്ട് ഇത്രയോ അമ്മമാർ അത് ഇത്രയോ അമ്മമാർക്ക് അത് ഉണ്ടായിരിക്കാം അതിന് കാരണം ഈ മാനസിക ബന്ധമാണ് അമ്മയും മകനുമായിട്ടുള്ള മാനസിക ബന്ധമാണ് അത് ആയുഷ്കാലം വരെ ആ മാനസിക ബന്ധം ഉണ്ടായിരിക്കും അപ്പം നമ്മൾ പുരുഷന്മാരെ അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും ഇവർക്ക് രണ്ടുപേർക്കും കുട്ടികളും വളരെ പ്രധാനപ്പെട്ടു തന്നെയാണ് പക്ഷേ ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയ്ക്കും ഇല്ല ഇല്ല ഇല്ല ഉള്ളതിനേക്കാളൊരു മാനസികമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് സാധാരണ അമ്മയും മകനും തമ്മിൽ തന്നെയാണ് അപ്പം ആയിരിക്കാം ഇത്രയധികം ഞാൻ ഇത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ആലോചിച്ചാൽ അറിയണ കാര്യങ്ങളാണതൊക്കെ പറഞ്ഞു വരേണ്ട ആവശ്യമില്ല ഈ അമ്മ എന്നുള്ള സങ്കല്പം അമ്മമാർക്കും അല്ലെങ്കിൽ മക്കൾക്കും അമ്മമാരായിട്ടുള്ള സ്ത്രീകൾക്കും അമ്മമാരല്ലാത്ത സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും ആലോചിച്ചാൽ അറിയേണ്ട കാര്യമാണ് ഞാനീ പറഞ്ഞതൊക്കെ അപ്പം അത്രയധികം ബന്ധം ഈ മനസ്സുമായിട്ട് അമ്മയ്ക്കുള്ളതുകൊണ്ടായിരിക്കാം ഈ ചന്ദ്രനെ മനസ്സുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചിട്ടുണ്ടാകുക എന്ന് തോന്നുന്നു ഇപ്പം മനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ജ്യോതിഷത്തിൽ ചിന്തിക്കുന്നത് ചന്ദ്രനെ കൊണ്ടാണ് ഈ പുരുഷ സൂക്തത്തിൽ പറയുന്നുണ്ട് ചന്ദ്രമാ മനസ്സോ ജാതോ ചക്ഷോ സൂര്യോ ജാത ചന്ദ്രനെ മനസ്സായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് സൂര്യനെയാണ് കണ്ണുകളായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അങ്ങനൊരു ബന്ധം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇത്രയും സമയമെടുത്താൻ കാരണം അതുപോലെ തന്നെ ജലം ജലം ചന്ദ്രനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ചിന്തിക്കുന്നത് നമുക്കറിയാം ഭൂമിയിലുള്ള ജലാശയം ഏറ്റവും വലിയ ജലാശയം എന്ന് പറഞ്ഞാൽ കടലാണ് ഈ കടലിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്കറിയുന്ന ഗോളങ്ങളിൽ ചന്ദ്രനെ അത് കഴിയുള്ളൂ എലിയേറ്റവും എലിയറക്കമൊക്കെ നമുക്കറിയുന്ന കാര്യമാണ് പഠിച്ചിട്ടുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് ഇന്ന് ഭൂമിയിൽ കാണുന്ന ജലത്തിൽ മാറ്റം വരുത്താൻ കഴിവുള്ള ഒരു ആകാശഗോളം ചന്ദ്രൻ മാത്രമേ ഉള്ളൂ അത് ഈ ചന്ദ്രനെ ജലവുമായി ചിന്തിക്കും സൂര്യനാണെങ്കിൽ ജലത്തിനെ നീരാവി പറ്റും ചലിപ്പിക്കാനൊന്നും പറ്റില്ല ചന്ദ്രന് കൃത്യമായിട്ടുള്ള ചലനങ്ങൾ ജലത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് ചിലപ്പോൾ ചന്ദ്രനെ ജലവുമായി ബന്ധപ്പെടുത്തിയിട്ട് ചിന്തിച്ചതിന് കാരണമായിരിക്കാം എന്ന് തോന്നുന്നു പിന്നെ മറ്റൊന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു യുക്തി പറയുകയാണ് മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ ജലമാണ് നമ്മുടെ ജീവൻ്റെ അടിസ്ഥാനം ഈ ജലവും പറഞ്ഞതുപോലെ അമ്മ തന്നെയാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ജീവൻ്റെ ഘടകമാണ് ജലം നമ്മളുണ്ടായതും ജലത്തിലാണ് നമ്മൾ ജലത്തിൻ്റെ അല്ലെങ്കിൽ വളരെ ദ്രാവകരൂപത്തിലുള്ള ശുക്ലവും ദ്രാവകരൂപത്തിലുള്ള അള്ളവും അണ്ടവും ചേർന്ന് ഒരു ബീജമായിട്ട് മാറിയിട്ട് പത്തു മാസത്തോളം അമ്മയുടെ വയറ്റിൽ ജലമാകുന്ന ഫ്ലൂയിഡിൽ കിടന്നിട്ട് ജലരൂപത്തിൽ അമ്മയുടെ പൊക്കൽ പൊക്കൽക്കൊടി വഴി ജലരൂപത്തിൽ അല്ലെങ്കിൽ ദ്രാവകരൂപത്തിൽ മുഴുവൻ സ്വീകരിച്ച് ജലത്തിനിന്നാണ് നമ്മുടെ ജനനം മുഴുവൻ ജലത്തിലേ ജീവനുണ്ടാവുള്ളൂ ജലത്തിലെ ജീവൻ നിലനിൽക്കുള്ളൂ അത് ഒരു അംഗീകരിച്ച കാര്യമാണ് നമുക്കറിയുന്ന കാര്യമാണ് ജലമാണ് ജീവൻ്റെ അടിസ്ഥാനം ആദ്യം ജീവനുണ്ടായതും ജലത്തിലാണ് ജീവൻ നിലനിൽക്കുന്നതും ജലമുള്ളത് കൊണ്ടാണ് ജീവൻ്റെ അടിസ്ഥാനം തന്നെ ഈ അമ്മ എന്ന ഘടകമാണ് മാതൃത്വമാണ് ഈ അമ്മ ചന്ദ്രനുമായി ബന്ധപ്പെട്ടിരിക്കണോ അല്ലെങ്കിൽ ചന്ദ്രനെ അമ്മയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ആയിരിക്കാം ജലത്തിൻ്റെ കാരകത്വം അല്ലെങ്കിൽ ജലത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ജലത്തിനെ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കേണ്ട ആവാന്ന് തോന്നുന്നു ഇതൊക്കെ ഒരു ഒരു ഊഹം വെച്ച് പറയുകയാണ് ഇത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്കതിനെ തള്ളിക്കളയാം അപ്പോൾ ഇങ്ങനെ സൂര്യനും ചന്ദ്രൻ എന്നീ രണ്ട് സങ്കല്പങ്ങൾ വളരെ ലഘുവായ രണ്ട് കാര്യങ്ങളല്ല ഭൂമിയിലുള്ള ഒരുപാട് കാര്യങ്ങളുടെ റെപ്രസെൻറ്റേഷനാണ് എന്ന് പറയാനാണ് ഈ അവസരം വിനിയോഗിച്ചത് ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട സ്വാധീന ശക്തിയായിട്ടുള്ള വ്യാഴം अथवा ഗുരുവിനെ പറ്റിയിട്ട് ചിന്തിക്കാം അടുത്ത ദിവസം നമസ്കാരം